अध्यय अब्रह वे भारे परग्रहितू एशा मेदा मिद्या प्रसवित ददाने जनिप्च दुत्रन्शूरी ിം എന്നിവർ മിത്യന്റെ പുത്രന്മാർ യെഫേഫർ ഹനോക് അബീദ എൽദാഗ എന്നിവർ ഇവർ എല്ലാവരും കെദൂറയുടെ മക്കൾ എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു അബ്രഹാമിന് ഉണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനായ ഇസഹാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്കോട്ട് കിഴക്കുദേശത്തേക്ക് അയച്ചു അബ്രഹാമിന്റെ ആയുഷ്കാലം സംവത്സരമായിരുന്നു അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ട് മരിച്ചു തന്റെ ജനത്തോട് ചേർന്നു അവന്റെ പുത്രന്മാരായ ഇസഹാക്കും ഇഷ്മേലും കൂടി മമ്രൈക്കരികെ സോഹറിന്റെ മകനായ യഫ്രോൻ എന്ന ഹിത്യന്റെ നിലത്ത് മക്പേല ഗുഹയിൽ അവനെ അടക്കം ചെയ്തു അബ്രഹാം ഹിത്യരോട് വിലയ്ക്കുവാങ്ങിയ നിലത്തു തന്നെ അവിടെ അബ്രഹാമിനെയും അവന്റെ ഭാര്യയായ സാറയെയും അടക്കം ചെയ്തു അബ്രഹാം മരിച്ച ശേഷം ദൈവം അവന്റെ മകനായ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു ഇസഹാക്ക് ബേർ ലഹയിക്കരികെ പാർത്തു ഷാറയുടെ മിസ്രൈമ്യ ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകനായ ഇസ്മയേലിന്റെ വംശപാരമ്പര്യം അവരുടെ വംശാവലി പ്രകാരം പേരുപേരായി ഇസ്മയേലിന്റെ പുത്രന്മാരുടെ പേരുകൾ ആവിദ് ഇസ്മായേലിന്റെ ആദ്യ ജാതൻ കേദാർ അദ്വേൽ മിബ്സാം മിസ്മ ദൂമ മശ ഹദാദ് പേമ യദൂർ നാഫീസ് കെദേമ പന്ത്രണ്ട് പ്രഭുക്കന്മാരായ ഇസ്മായേലിന്റെ പുത്രന്മാർ അവരുടെ ഊരുകളിലും പാളയങ്ങളിലും വംശം വംശമായി ഇവറാകുന്നു അവരുടെ പേരുകൾ ഇവ തന്നെ ഇസ്മായേലിന്റെ േഴ് സംവത്സരം ആയിരുന്നു അവൻ പ്രാണനെ വിട്ട് മരിച്ചു തന്റെ ജനത്തോട് ചേർന്നു ഹവീല തുടങ്ങി അശൂരിലേക്ക് പോകുന്ന വഴിയിൽ മിസ്രൈമിന് കിഴക്കുള്ള ഷൂർ വരെ അവർ കൂടിയിരുന്നു അവൻ തന്റെ സകല സഹോദരന്മാർക്കും പാർത്തു അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ വംശ പാരമ്പര്യമാവിത് അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു ഇസഹാക്കിന് നാൽപ്പത് വയസ്സായപ്പോൾ അവൻ പദ്ധൻ അരാമിലുള്ള അരാമ്യനായ ബഥുവേലിന്റെ പുത്രിയും അരാമ്യനായ ലാബാന്റെ സഹോദരിയുമായ റബേക്കയെ ഭാര്യയായി പരിഗ്രഹിച്ചു തന്റെ ഭാര്യ മച്ചിയായിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവൾക്കുവേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു അവന്റെ ഭാര്യ റബേക്ക ഗർഭം ധരിച്ചു അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി യഹോവ അവളോട് രണ്ടു നിന്റെ ഗർഭത്തിൽ ഉണ്ട് രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അരുളി ചെയ്തു അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ട അവളുടെ ഗർഭത്തിൽ ഉണ്ടായിരുന്നു ഒന്നാമത്തവൻ ചുവന്നവനായി പുറത്തുവന്നു മേൽമുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഇരുന്നു അവന് പേരിട്ടു പിന്നെ അവന്റെ സഹോദരൻ പുറത്തുവന്നു അവന്റെ കൈ യേശാവിന്റെ കുതികാൽ പിടിച്ചിരുന്നു അവന് യാക്കോബ് എന്ന് പേരിട്ടു അവൾ അവരെ പ്രസവിച്ചപ്പോൾ ഇസഹാക്കിന് അറുപത് വയസ്സായിരുന്നു കുട്ടികൾ വളർന്നു യേശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും യാക്കോബ് സാധുശീലനും കൂടാരവാസിയും ആയിരുന്നു യേശാവിന്റെ വേട്ടയിറക്ഷിയിൽ രുചി പിടിച്ചിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവനെ സ്നേഹിച്ചു റെബേക്കയോ യാക്കോബിനെ സ്നേഹിച്ചു ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു യേശാവ് വെളിംപ്രദേശത്ത് നിന്ന് വന്നു അവൻ നന്നാ ക്ഷീണിച്ചിരുന്നു യേശാവ് യാക്കോബിനോട് ആ ചുവന്ന പായസം കുറെ എനിക്ക് തരേണം ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് അവന് ഏതോ ചുവന്നവൻ നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു അതിന് യേശാവ് ഞാൻ മരിക്കേണ്ടി വരുമല്ലോ ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു ഇന്ന് എന്നോട് സത്യം ചെയ്യുക എന്ന് യാക്കോബ് പറഞ്ഞു അവൻ അവനോട് സത്യം ചെയ്തു തന്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റു യാക്കോബ് യേശാവിന് അപ്പവും പയറുകൊണ്ടുള്ള പായസവും കൊടുത്തു അവൻ ഭക്ഷിച്ച് പാനം ചെയ്തു എഴുന്നേറ്റ് പോയി ഇങ്ങനെ യേശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കിക്കളഞ്ഞു